അദ്ദേഹം പറഞ്ഞു അവൻ പറയുന്നു അത് മണ്ണ് കളയ്ക്കാനോ കൃഷിയിടം നനയ്ക്കാനോ പരിശീലിപ്പിക്കാത്ത യാതൊരു കുറവുമില്ലാത്ത അടയാളങ്ങളില്ലാത്ത ഒരു പശു ആകുന്നു അവർ പറഞ്ഞു ഇപ്പോൾ താങ്കൾ സത്യവുമായി വന്നിരിക്കുന്നു അങ്ങനെ അവർ അതിനെ അറുത്തു എങ്കിലും അവർ അത് ചെയ്യാൻ മടിച്ചു നിന്നു